നിങ്ങളുടെ സ്ത്രീകളിൽ ദുർവൃത്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള നാല് സാക്ഷികളെ അവർക്കെതിരെ കൊണ്ടുവരിക അവർ സാക്ഷ്യം നൽകിയാൽ മരണം അവരെ കൊണ്ടുപോകുന്നതുവരെയോ അല്ലെങ്കിൽ അള്ളാഹുസുബാനഹുവറ്റായ അവർക്കൊരു വഴിയുണ്ടാക്കുന്നതുവരെയോ അവരെ വീടുകളിൽ തടഞ്ഞുവെക്കുക